ീമ സങ്കേത ശുസി ശ്രീ ഗ്രഹം ശ്രീ സംഗ്രഹ സ ദക്ഷിണത് ഉത്തര സേദ പുനഃ കുതിഷ എവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് രണ്ടും പറഞ്ഞു സ്വമഹിമയിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്താണ് മഹിമോ ഹസ്തിഹിരണ്യം ദാസഭാര്യം പറയുന്ന എല്ലാ സുഖ ഉപകരണങ്ങളാണ് ക്ഷേത്രാണി ആയുധനായി ഇതിലാണല്ലോ സുഖം ദാശ്രതമാണല്ലോ സുഖം അതുകഴിഞ്ഞ് പറഞ്ഞു അന്യസ്മിൻ പ്രതിഷ്ഠിത അന്യോഹ്യ അന്യസ്മൻ പ്രതിഷ്ഠിത നാഹമേവം ബ്രവീമി അത് പ്രതിഷ്ഠിതമല്ല അതൊന്നിനെ ആശ്രയിക്കുന്നില്ല മഹിമിനെ വിപ്രതിഷ്ഠിത ഭൂമ രൂപത്തിലുള്ള സുഖം അതൊന്നിനെ ആശ്രയിച്ചല്ല അത് നിരപേക്ഷമായ സുഖമാണ് അതിനെ വിശദീകരിക്കും ഭാഷകാരനും വിശദീകരിക്കും എന്തുകൊണ്ടു അങ്ങനെ പറഞ്ഞു സുഖം എന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടും പറഞ്ഞു ിക്കുന്ന സുഖം അതെന്തിനെങ്കിലും ആശ്രയിച്ചുണ്ടാവും അസ്ഥിഹിരണ്യം ദാസഭാര്യം ഇങ്ങനെയുള്ള ഈ ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തെ ആശ്രയിച്ചുണ്ടാവും അനുഭവിക്കുന്ന സുഖമേ പരിചയമുള്ളൂ സുഖമാണ് നാരദൻ ആവശ്യപ്പെടുന്നു ദുഃഖം നിവർത്തി സുഖമാണ് പക്ഷെ ഇവിടെ പറയുന്ന ഭൂമാവ് സുഖം തന്നെ എന്ന് അത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്തുകൊണ്ട് അതിന് പ്രതിഷ്ഠയില്ല കസ്മാത് പുനക്കൊച്ചിരുന്ന പ്രതിഷ്ഠിത എന്തുകൊണ്ടിത് ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നില്ല അതിന്റെ സർവവ്യാപകത്വത്തെക്കുറിച്ച് പറയുന്നു അത് സർവവ്യാപകം മാത്രമല്ല അത് സ്വസ്വരൂപവുമാണ് അത് രണ്ടും പറയുന്നു ഈ സുഖം അനുഭവിക്കുന്ന സുഖം സ്വസ്വരൂപമല്ല കാരണം അവിടെ പറയുന്നത് എന്താണ് ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു എന്നെ അനുഭവിക്കുന്നു എന്നല്ല സുഖത്തെ അനുഭവിക്കുന്നു അപ്പോൾ സുഖസ്വസ്വരൂപമല്ല മറിച്ച് തൻ്റെ വിഷയമാണ് താൻ അനുഭവിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും അനുഭവിക്കുമ്പോൾ തന്നെ പ്രാപ്തമാവുന്ന ഒന്നാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് സ്വസ്വരൂപം തന്നെ ഇത് സർവമാണ് സൈവ ഭൂമ അതസ്ഥാത് എന്നതിരേഖഅ അന്യദ്വിദ്യതേ യസ്മു പ്രതിഷ്ഠിത സാദ് അതാണ് ഇതിൻ്റെ താൽപര്യം സൗപരിഷ്ഠാത് താഴെ അത് തന്നെ മേളിലതുതന്നെ പശ്ചാത്ത പിന്നിലും മുന്നിൽ അത് തന്നെ ദക്ഷിണതഹ ഉത്തരതഹ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്നും പറയേണ്ടി വരും തെക്കും വടക്കും കിഴക്കും ഉള്ളും താഴെയും അങ്ങനെ പറഞ്ഞാൽ എവിടെയെത്തും സൈവ ഇതം സർവം അങ്ങനെ വരും ആ ഭൂമാവ് തന്നെയാണ് ഇത് സർവവും ഇതൊന്നുകൊണ്ട് കാണുന്ന അനുഭവപ്പെടുന്ന സർവവും ആ തന്നെയാണ് സൈവത്വ സർവം അധ തസ്മാസ എന്ന അതുകൊണ്ട് വിന് ആശ്രയിക്കാൻ ഒരടമയുണ്ട് സർവ്വം അതായിരിക്കുമ്പോ അതെന്തിനെ ആശ്രയിക്കും ബ്രഹ്മം തന്നെ അത് പരമാത്മാവ് തന്നെ അതിനാണ് ഇവിടെ ഭൂമ എന്ന് പറയുന്നത് അത് സുഖസ്വരൂപമാണ് എത്രുന്ന അന്യ പശരീത്യ അധിക അധികൃത്യവിധാനിർദ്ദേശ സൈവാധസ്ഥ എവിടെയാണോ ഏതൊരു ഭൂമാവിലാണോ ഒന്നും കാണാത്തത് കേൾക്കാത്തത് എന്നെല്ലും പറഞ്ഞല്ലോ പിന്നെ സൈവ അധസ്ഥാത് ഇതിജ പരോക്ഷ നിർദ്ദേഷ്ട പരോക്ഷമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദ്രഷ്ടഹു ജീവാന്യു ഭൂമ സ്യാദ്ൽ നിന്ന് അന്യമായൊരു ഭൂമാവുണ്ടോ ഇത്യാശങ്ക അങ്ങനൊരു ആശങ്കയ്ക്ക് അവകാശമില്ല അതാതു അനന്തരം അഹങ്കാരാദേശം ഇങ്ങനെ പറയുമ്പോ ഇത് മുമ്പിലാണ് പിമ്പിലാണ് എന്നെല്ലാം പറയുമ്പോ അതിനെ പരോക്ഷമായി നിർദ്ദേശിക്കുമ്പോൾ ഇതാരാണി എന്റെ മുമ്പിലും പിമ്പിലും ഉള്ളത് ഇടത്തും വലത്തുമുള്ളത് എനിക്ക് കിഴക്കും പടിഞ്ഞാറും ഉള്ളതെന്ന് പറയുമ്പോൾ ഞാൻ വേറെ ആയില്ലേ അതെല്ലാം എന്നെ മുമ്പിലുള്ളത് എനിന്ന് വേറെയാണ് പിന്നിലുള്ളത് എനിൽ നിന്ന് വേറെയാണ് അതാണ് പരോക്ഷ നിർദ്ദേശം എന്ന് പറയുന്നു അപരോക്ഷമായി നിർദ്ദേശിക്കുന്ന താനായി നിർദ്ദേശിക്കും താൻ തന്നെ ഇവിടെ അങ്ങനെയല്ല മുന്നേ പിന്ന് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ പറയുന്നു ഈ പറയുന്ന സുഖം ഭൂമ സർവവ്യാപ്യാണെന്ന പരോക്ഷമാണ് അത് താനല്ല തനിക്ക് താൻ മാത്രമേ വാസ്തവത്തിൽ അപരോക്ഷമായിട്ടുള്ളൂ ബാക്കിയെന്ന പരോക്ഷമാണ് അങ്ങനെ ഒരിത് വരാം സംശയം തന്നെ എന്താ വിട്ട് കളഞ്ഞത് വിത്യാശങ്കാം ഭൂതി അഥാതോ അനന്തരം അഹങ്കാരാദേശം അഹങ്കാരേനാദേശത്യഹങ്കാരുന്നു ഇനി അതുകൊണ്ടതിനെ അപരോക്ഷമായി നിർദ്ദേശിക്കുന്നു സ്വസ്വരൂപമായി നിർദ്ദേശിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അഹങ്കാരാദേശം അഹങ്കാരൂപത്തിൽ ഉപദേശിക്കുന്നു നടത്തു പറയുന്നത് സർവം ആ ഭൂമാവ് തന്നെയാണ് ഈ കാണുന്ന സർവ്വവും എന്ന് പറയും അപ്പം ഇതം സർവെന്നെല്ലാം പറയുമ്പോൾ അന്യമായി താൻ അറിയുന്നത് താൻ കാണുന്നത് കേൾക്കുന്ന അവിടെ തണിക്ക് സ്ഥാനം ഇല്ലാത്തവരും ഇതമെന്ന് പറയുന്നു ബാഹ്യമായി കാണുന്നതിനെക്കുറിക്കാനാ ഉപയോഗിക്കുന്നു അതുകൊണ്ട് പറയുന്നു അഥാത് അഹങ്കാരദേശം ഇനി അഹങ്കാരത്തിലൂടെ ഞാൻ അഹംഭാവത്തിലൂടെ ഇനി താനെന്നുള്ള രൂപത്തിനും അനുപദേശിക്കുന്നു അഹമേവ അതസ്ഥ നേരത്തെ എന്താ പറഞ്ഞത് സേവ അതസ്ഥ ഉപരിഷ്ട ആ ഭൂമാവ് തന്നെയാണ് താഴെയും മുകളിലും കിഴക്കും പടിഞ്ഞാലും എന്ന് പറഞ്ഞു അഹങ്കാര ദേശം എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ പറയുന്നു സ എന്നുള്ളതിനുപേരും അഹം എന്ന് പറയുന്നു അഹമേവാ ദ ഇപ്പൊ തന്നിലേക്ക് വന്നു അവൻ തന്നെയാണ് മുകളിലും താഴെയുള്ളത് എന്നിട്ട് പറയുന്നു താൻ തന്നെയാണ് ആ മുകളിലും താഴെ അത് രണ്ടും ഒന്നായി മുമ്പ് ഏതിനാണോ താൻ തന്നെയാണ് അഹമേവ അതാണ് അഹങ്കാരാദേശം പറയുന്നു ദുഷ്ടാവിനോട് അനന്യമായി ഉപദേശിക്കുന്നു ദുഷ്ട ഒരു അനന്യത്വ അഹം എന്ന് പറയുന്നു ദൃഷ്ടാവിന് പുരസ്ഥ പശ്ചാത്ത ദക്ഷിണത ഉത്തരത എന്നെല്ലാം പറയുന്നത് ദൃശ്യത്തെ നമ്മൾ ദൃശ്യത്തെ പറഞ്ഞപ്പോൾ ഈ കാണുന്നതെല്ലാം ആ ഭൂമാവ് തന്നെ കാണുന്നവനെ പറയുന്നു അഹം അത് താൻ തന്നെയാണ് ദൃഷ്ടാവിൻ അനന്യമാണ് ദൃഷ്ടാവ് തന്നെയാണ് ഈ കാണുന്നവനായിരിക്കുന്നത് ഞാൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത് ദ്രഷ്ടാവ് തന്നെ ദൃശ്യമായിരിക്കുന്നു ഭൂമി വനിദ്ദേശ ഭൂമാവിനെ തന്നെ ഇവിടെ സർവാത്മഭാവമെന്നല്ല ഏകാത്മഭാവമ ഭൂമി വനിദ്ദേശി അഹങ്കാരി അഹംഭാവത്തിന് അഹം ശബ്ദത്തിൽ അഹമേവാസ്താദ് ഉപദേശം പൂർണമായി സദേവ സ്വാമി ദ്രാസി തസിന്നെല്ലാം പറഞ്ഞ ആശയും ഇവിടെയും വന്നു ഭൂമാവ് തന്നെയാണ് സർവത്ര ആ ഭൂമാവ് തന്നെയാണ് താൻ അദ്വൈതം അതിവിടെ വെളിപ്പെടുത്തുന്നു അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത് തന്നെ തന്നെ മാറ്റാൻ കഴിയില്ല സത്യവും മിത്യവും വെറുതിരിക്കാനില്ല തന്നെയാണ് ഇവിടെ പറഞ്ഞു അഹം എന്ന് പറയുന്നത് ദഷ്ടാവാണ് ഇവിടെയും അനുഭവവിരുദ്ധമായ കാര്യമാണ് പറയുന്നത് അഹം എന്ന് പറയുന്നത് ഈ ശരീരത്തോട് ചേർന്ന് മനസ്സിനോട് ചേർന്ന് കർണങ്ങളോട് ചേർന്നുള്ള ഒരു അനുഭവമാണ് എനിക്ക് ശരീരത്തിലെ അനുഭവം വേറെ ആളുടെ ശരീരത്തിലതില്ല വേറെ ആളുടെ കർണങ്ങളിലോ അഹം എൻ്റെ എന്നുള്ള അനുഭവമില്ല അഹത്തെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പരിച്ഛിന്നമായിട്ടാണ് പരിമിതമായിട്ട് ഞാൻ തന്നെയാണ് കിഴക്ക് പടിഞ്ഞാറ് ഞാൻ തന്നെയാണ് മുകളിൽ താഴെ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം വരും നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് പരിച്ഛിന്നനായിരിക്കുന്ന താൻ സർവവ്യാപകൻ എന്തെങ്കിലും സ്വീകരിക്കാൻ പറ്റും എന്തുകൊണ്ട് തന്നെ അറിയുന്ന അഹത്തിലൂടെയാണ് അഹമെന്ന പരിമിതിയിലൂടെ അറിയുന്നു ആ അഹം കേവലം ഈ ശരീരാദികളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അതിനങ്ങനെ സർവവ്യാപകത്വം പറയും അതിനാണ് അടുത്ത ഉപദേശം വരുന്നത് ആത്മാദേശ ത്മോപരിഷ്ട ആത്മാദ് ആത്മാരസ്ഥിണതമാര ആത്മേ വേദം ഇതിഷം പശ്യൻ്നം വിജാന ആത്മരതി ആത്മക്രീടാ आत्मेधुना आत्मा सराती सर्व लोकस कामचारो अदो अनेथा अन्य अन्राजान ते क्षय्यलोकाभव लोकेश कामचारो അഹങ്കാരേണ ദേഹാദിസംഘാതോപി ആദിശ്യത്തെ അവശങ്കം ബോധി അനന്തരം ആത്മാദിശ ആത്മനൈവല സസ്വരൂപേണ ശുദ്ധേന ആദിശ്യത്തെ ഭൂമാവിനെ ഉപദേശിക്കുമ്പോൾ അത് അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിർദ്ദേശിക്കുകയാണ് അഹം എന്ന് പറഞ്ഞാൽ തൊന്നി തൊമ്മെന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നത് അഹമെന്നാണ് തൊമ്മന്ന് കേട്ടാലും ഒരാൾക്ക് തന്നെ കുറിച്ച് തൊമ്മന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല അഹോ ഒന്നേ ഗ്രഹിക്കാൻ കഴിയും അഹോ എന്ന് പറഞ്ഞാലോ ദേഹാദിസംഘാതോ ഈ ദേഹാദിസംഘാതോ ഇന്ദ്രിയം മനസ്സ് ശരീരം ഇതെല്ലാം കൂടി ചേർന്ന ഇതിനെയാണ് അഹമെന്ന് പറയുന്നത് അവിവേകിക അങ്ങനെയാണ് അവിവേകികൾ ഗ്രഹിക്കുന്നത് അവിവേകിയാണ്ടുപദേശിക്കുന്നു വിവേകിയോട് ഉപദേശിക്കേണ്ട കാര്യം ഈ മാംസപിണ്ടത്തെയാണ് അഹം കൊണ്ട് ഗ്രഹിക്കുന്നത് നിത്യതാശങ്ക മാഭൂത് അങ്ങനെ ഗ്രഹിക്കുന്നു ഇതെങ്ങനെ സർവവ്യാപിയാകും ഇതെങ്ങനെ പുരസ്താദ് പശ്ചാത് ദക്ഷിണതഹ ഉത്തരതഹ എന്നെങ്ങനെ പറയും ഇങ്ങനെ സംശയം വരും അതുകൊണ്ട് അങ്ങനെ സംശയം വേണ്ട അതാനന്തരം ആത്മാദേശമാണ് അതുകൊണ്ടിവിടെ ആത്മാദേശം ഇവിടെ അഹം എന്ന് പറയുന്നത് അഹന്തേ ും സ്വപ്നത്തിനും മാത്രം പ്രകടമാകുകയും സുഷൃത്തിയിൽ നശിപ്പോവുകയും ചെയ്യുന്ന അഹന്ത മറിച്ചെന്താണോ ജാഗ്രത സ്വപ്ന സുഷൃത്തികളിൽ മാറാതിരിക്കുന്ന സത് ആത്മാ അതാണ് സർവമെന്ന് പറയുന്നത് ഈ അഹന്ത അല്ലാഹത്തിൽ ഒരിക്കലും സർവാത്മകമായിരിക്കാൻ കഴിയില്ല അത് ശരീരാത്മകമായിരിക്കും ആത്മനായവ കേവലേന സത്സ്വരൂപേണ അത് കേവല സത്താണ് അതിന് സത്തെന്ന് എന്തുകൊണ്ട് പറയുന്നു അഹം നശിച്ചാലും അത് ശേഷിക്കുന്നു എവിടെ സുഷൃത്തിൽ ജാഗ്രസ്വപ്നങ്ങളിൽ അഹം നശിച്ചാലും അവിടെ ശേഷിക്കുന്നു അതുകൊണ്ടാണ് അതിന് സത്തെന്ന് പറയുന്നു നശിക്കാതിരിക്കുന്നു സസ്വരൂപേണ ശുദ്ധേന അതും ശുദ്ധം സത് എന്ന് ശബ്ദത്തിന്റെ അർത്ഥമായിട്ടല്ല അപ്പോൾ അത് സത്ത് ഒക്കും സശ്ദത്തിന്റെ അർത്ഥമല്ല അങ്ങനെയല്ല സത്തെന്ന് പറയും സശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു നമ്മുടെ അനുഭവം സത്ത് എന്നാണ് ഉന്മ അസ്ഥി ഉണ്ട് പക്ഷെ സത്ത് ഇവിടെ പറയുന്ന സത്ത് അതിന്റെ അർത്ഥമല്ലേ എന്തുകൊണ്ടാണോ ജാഗ്രസ്വപ്നങ്ങളിൽ നമുക്ക് സത് ശബ്ദം കൊണ്ട് ഇതിനെ പറയാം ഈ സത്താണ് ഞാൻ സത്വമാണ് ആത്മാവ് സത്താണ് പ്രപഞ്ചം സർവവും സത്താണ് ഇതിൽ ചർച്ച ചെയ്തില്ലേ ഘടൻ പട്ടഹസൻ അത് പറയാം സ്വപ്നത്തിലും പറയാം സുഷൃത്തിയിലോ ഇത് സശബ്ദാർത്ഥമല്ല കാരണം അവിടെ സശബ്ദമില്ല സശബ്ദ അർത്ഥത്തഗ്രഹിക്കുന്ന മനസ്സില്ല ഇതൊന്നുമില്ല പിന്നെ എന്താ ഉണ്ടായത് സുഹൃത്തിയിൽ സത് സബ്ദത്തിന്റെ അർത്ഥമല്ലാത്ത സത് സത് ശബ്ദത്തിന്റെ അർത്ഥമായ ശബ്ദമാണ് ജാഗ്രത സ്വപ്നത്ത ഇവിടെ നമുക്ക് സത്തെന്ന് പറയാൻ കഴിയും സത്തിനെ മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തിയിൽ നിന്ന് സദ്യ എന്നാൽ സുഹൃത്തിയെ കുറിച്ച് എന്താണ് നമ്മുടെ അനുഭവം ഇത് ജാഗ്രതാണ് ഇനിയൊന്ന് സ്വപ്നമാണ് അതുപോലെ സുഷൃത്തിയും സത്താണ് അവിടെ സുഷുപ്തി ആ സത്ത് ശബ്ദാർത്ഥമല്ല എന്തുകൊണ്ടവിടെ ശബ്ദവും മനസ്സും ഇല്ലാത്തടത്ത് അങ്ങനെ ശബ്ദാർത്ഥം എന്നാൽ ജാഗ്രത്തിലെ ശബ്ദം മനസ്സ് പറയുന്നത് സുഷുപ്തി സത്താണോ ശബ്ദവും മനസ്സുമില്ലാത്തടത്ത് ശേഷിച്ചത് സത്താണ് അതാണ് വാസ്തവത്തിലുള്ള സത്ത് അതിനെക്കുറിച്ച് എപ്പോ പരാമർശിക്കുന്നപ്പോ ജാഗ്രത്തിൽ അപ്പൊ ജാഗ്രതയിലിരുന്നു കൊണ്ട് സുഹൃത്തിയിലെ സത്തിനെ പരാമർശിക്കുമ്പോൾ അത് ജാഗ്ര സബ്ദത്തിൻ്റെ അർത്ഥമാണ് ലക്ഷ്യമാണ് അതാണ് ലക്ഷ്യീകരിക്കുക താല്പര്യമെന്നൊക്കെ പറയും ജാഗ്രതയിലെ ശബ്ദം അവിടെ ഇല്ലാതെ എങ്ങനെ അതിൻ്റെ അർത്ഥമാവുന്നില്ല അപ്പോൾ ഇവിടെ ഉള്ളത് അതിനെ ആ സുഹൃത്തിയെ ലക്ഷ്യമാക്കുകയാണ് എന്തുകൊണ്ട് ലക്ഷ്യമാക്കുന്നു കാരണം അതിനെ നിഷേധിക്കാൻ വയ്യ മനസ്സും ഇന്ദ്രിയവും ഒന്നും അവിടെയില്ലെങ്കിലും നിഷേധിക്കാൻ വയ്യ അങ്ങനെ ഞാൻ സുഹൃത്തിയിൽ ആയിരുന്നു എന്നേ പറയാം ആയിരുന്നില്ല എന്ന് പറയാം സുഹൃത്തി കഴിഞ്ഞുവരുമ്പോൾ അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തത് സത്യം ആത്യന്തികമായി നിഷേധിക്കാൻ കഴിയാത്തത് അതാണ് സത് ആ സത്തെന്താണ് സത് സ്വരൂപേണ ശുദ്ധേന അശുദ്ധമായ സത്വം എന്ന് പറയാം ഇവിടെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സർവത്തെയും സത്തായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നിനെയ അസത്തായി അറിയാൻ പോയി സർവത്തെയും സത്തായി ഇത് അശുദ്ധമായ സത്താണ് എന്തുകൊണ്ട് ആശുദ്ധമായ സത്വം തുടങ്ങിയത് ശബ്ദത്തിലൂടെ അറിയുന്നു മനസ്സിലൂടെ അറിയുന്നു ശബ്ദാർത്ഥമായി അറിയുന്നു പുസ്തകം അസ്ഥി ശബ്ദാർത്ഥമായി അറിയുന്നു ഈ ഉണ്മേ ഇത് ശുദ്ധസത്തെ അത് ശബ്ദാർത്ഥമായി അറിയാതിരിക്കുക അല്ലെങ്കിൽ ശുദ്ധസത്വമായി നിലനിൽക്കുക എന്നാൽ മാത്രമേ അവന് ശുദ്ധസ്വത്തെന്ന് പറയാൻ പറ്റും സുഹൃത്തിയിൽ അങ്ങനെയാണ് അത് ശുദ്ധസവത്തായി നിലനിൽക്കുന്നു ജാഗ്രതയിൽ സുഹൃത്തി നിഷേധിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഉറങ്ങി കൊണ്ടുവന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലെന്ന് പറയാൻ കഴിഞ്ഞു താനവിടെ ഉണ്ടായിരുന്നു ഉറങ്ങി എന്ന് പറയുമ്പോ ഞാൻ ജാഗ്രത ആണോ എന്ന് പറയുമ്പോ എന്താ അവിടെ ഞാൻ ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞ അഹങ്കാരാദേശിശത്തിൽ പറഞ്ഞ ഈ ഞാൻ എന്റെ കർണങ്ങൾ ഉപയോഗിച്ച് എനിക്കും പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്പഷ്ടമായ അർത്ഥം ഞാൻ ജാഗ്രതയിലാണെന്നു പോലെ ഞാനും എൻ്റെ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ദ്രഷ്ടാവുണ്ട് അഹമുണ്ട് ദൃശ്യ വിഷയങ്ങളുണ്ട് എല്ലാം ഉണ്ട് സ്പഷ്ടമാണുണ്ട് പക്ഷെ ഞാൻ സുഷുപ്തനായിരുന്നു എന്ന് പറഞ്ഞാലോ ഇതുപോലല്ല അവിടെ ഞാനും ഇല്ല എന്റേതുമില്ല എന്റെ അനുഭവങ്ങളുമില്ല ഒന്നുമില്ല ഇവിടെ മനസ്സുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് ശബ്ദമുണ്ട് അവിടെ അതും ശബ്ദം പോലും ഒന്നുമില്ലാതിരുന്നാൽ ഈ പറയുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ സദനുഭവം ഇവിടെ സദനുഭവം ഉണ്ടോ അതുമില്ലാതിരുന്നാൽ ശേഷിക്കുന്നത് സർവത്തെയും നിരാകരിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് സഹജമായി ശേഷിക്കുന്നത് അതാണ് ശുദ്ധസത്വം അത് സുഷുതിയിലേ ഉള്ളൂ ശുദ്ധ സത്വം ഇവിടെ ഈ കലർന്ന സത്താണ് വിഷയങ്ങളോട് കരടന്നു നിൽക്കുന്ന സത്താണ് ദൃശ്യങ്ങളോട് കടന്ന് നിൽക്കുന്ന സത്താണ് അശുദ്ധ സത്ത കേവലമായ സത്വരൂപേണ ശുദ്ധേന ആദേശീത അങ്ങനെ ഇവിടെ ആത്മാദേശം എന്ന് ശുദ്ധ സത്തിനെ ബോധിപ്പിക്കുകയാണ് അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം സുഷുതി നിഷേധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റും മറ്റെന്ത് ചെയ്യാനോ സത്തിനെ നിഷേധിക്കാൻ വയ്യ ഞാനുണ്ടായിരുന്നില്ല അഹം നാസം ഞാനവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആർക്കു പറയാൻ കഴിയും ഞാനുണ്ടായിരുന്നില്ല ഞാൻ സുപ്തനായിരുന്നു എന്നി പറയാ അതാണ് ശുദ്ധസത്വം ആ ശുദ്ധസത്വമാണ് സർവവും എന്നാ പറയുന്നത് അല്ലാതെ അഹമല്ല ഞാനെന്ന് പറയുന്ന ഈ സ്ഫുരണമല്ല അനുഭവ സ്ഫുരണമല്ല ആത്മീയവേദം സർവമെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കാണാതെ പഠിച്ചിട്ടും പറയാം പക്ഷെ അതെല്ലാം ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് നിഷേധിക്കാൻ കഴിയാത്തുകൊണ്ട് പറയുന്നു അവിടെ നിഷേധിക്കാൻ മയ്യ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാം മയ്യ തന്നെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് നിഷേധിക്കുന്നതെന്തിനെയായിരിക്കും തന്റെ മനസ്സിന്റെ ശരീരത്തെ പ്രാണനേക്കാൻ നിഷേധിക്കാം തന്റെ സ്വരൂപത്തെ നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് ശുദ്ധമാണ് ആത്മീയ സർവിത് എകമേ അജം വ്യമവത്പൂർണ്ണം അന്യശൂന്യം പശ്യൻ സവാ യ വിദ്വിജ്ഞാതിരമണീസ അർത് ആത്മാദേശമത് ആത്മാ പശ്ചാത്തത്മാത്മാക്ഷിതേദം ഇതാത്മാദേശം പൂർണ്ണം ആകാശത്തെ പോലെ അത് പൂർണ്ണമാണ് പരിച്ഛന്നമല്ല അഹമല്ല അന്യശൂന്യം മാവല്ലാതെ രണ്ടൊ രണ്ടാമതൊന്നുമില്ല സത്താണ് അതിനെ പശ്യൻ സവായുഷ വിദ്വാൻ മനനവിജ്ഞാനാഭ്യാം മനനവിജ്ഞാനങ്ങളുടെ ഈ ഇതിനെ അറിയുന്നവൻ പശ്യൻ എന്ന് പറയുന്ന ഈ തത്വത്തെ അറിയുന്നവൻ താൻ തന്നെയാണ് സർവുമായിരിക്കുന്നത് തൻ്റെ സർവാത്മഭാവത്തെ അങ്ങനെ ഗ്രഹിക്കുന്നവൻ അവൻ മനനവിജ്ഞാനി അവൻ മനനവിജ്ഞാനങ്ങളിലൂടെ ആത്മരതിയാകുന്നു എന്നുവെച്ചാൽ രതി രമണം സ്വയം ആത്മരഥി ആത്മാരാമനാകുന്നു ആത്മാവിൽ തന്നെ അവൻ ക്ഷമിക്കുന്നു വിഷയങ്ങൾ കൂടാതെ ശബ്ദസ്പർശരൂപരിസഗന്ധങ്ങളെ ആശ്രയിക്കുന്നതിന് വേണ്ടി ഈ രഥയ്ക്ക് വേണ്ടിയിട്ടാണ് സുഖത്തിനു വേണ്ടിയിട്ടാണ് അതൊന്നും കൂടാതെ തന്നെ ആത്മാവിന്റെ സർവാത്മഭാവത്തെ സാക്ഷാത്കരിച്ചവൻ അവന് വിഷയ സാന്നിധ്യം കൂടാതെ വിഷയസഹായം കൂടാതെ തന്നെ രമിക്കാൻ കഴിയും അവൻ ആത്മരഥി എന്ന് ഇതേന ഗീതിയിൽ ആത്മതൃപ്ത സമ്മാന ആത്മനിവജ സന്തുഷ്ട ഇവിടം പറയുന്നു രതി രമണീയ സ്വയം ആത്മരതി ആത്മരതിയാണ് ീഡം മാത്ര സാധനാരതിർ ബാഹ്യസാധന ക്രീഡ രതിയും ക്രീഡയും തമ്മിലുള്ള വ്യത്യാസം എന്താണോ പുറമെ ഒന്നിനെയും ആശ്രയിക്കാതെ തന്റെ ശരീരത്തെ തന്നെ സുഖസാധനമായി സ്വീകരിക്കുകയാണെങ്കിൽ അത് ആത്മരതിയും ബാഹ്യസാധന ക്രീഡ ബാഹ്യമായ എന്തിനെങ്കിലും ആശ്രയിച്ചു അന്ന് നന്യമായ ആനന്ദിക്കണമെങ്കിൽ ക്രീഡെന്ന് പറയും ലോകെ സ്ത്രീ ഭീ സഹി ഭി സ്രീഡീതി ദർശന ലോകത്തിൽ പ്രയോഗിക്കാറുണ്ട് സഹ സ്ത്രീ ഭീ ന് സ്ത്രീകളോടൊന്നിച്ച് ക്രീഡിക്കുന്നു സഖി ഭീ സഖികളോട് അന്വേഷിച്ചു ക്രീഡിക്കുന്നു എന്നെല്ലാം ബാഹ്യ നിമിത്തങ്ങളെ ആശ്രയിച്ച് ആനന്ദിക്കുന്നു ഇതൊന്നും കൂടാതെ ആനന്ദിക്കാം ഇപ്പോൾ മനോരഥം അതിലാനന്ദിക്കാം മുമ്പ് പാൽപ്പായസം കുടിച്ചിട്ട് പിന്നീട് അതിനെ മനസ്സിൽ കണ്ടിട്ട് ഹായ് എത്ര നല്ല രസം ഇങ്ങനെ ആനന്ദിക്കാം ഞാൻ രണ്ടു തമ്മിൻ്റെ കേവലം മനസ്സിന്റെ ഭാവനയിലൂടെ കൽപ്പനയിലൂടെ മാത്രം ആനന്ദിക്കുന്നത് ആത്മരതി അല്ലീഡെന്ന് പറയുമ്പോൾ ബാഹ്യ ഉപകരണങ്ങളിലൂടെ കളിക്കുക എന്നും മറ്റും പറയുന്നു തഥാ വിദുഷ വിദുഷൻ എങ്ങനെയല്ല ആത്മവിജ്ഞാന നിമിത്തമേവ ഉഭയംഭവതി വിദ്വാനെ സംബന്ധിച്ചിടത്തോളം വിവാനെന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് സുഖസ്വരൂപമായ ഭൂമിയുടെ വിജ്ഞാനമുള്ളവൻ എന്നിടത്ത് പറയുന്നത് വിദുഷ ആത്മവിജ്ഞാന നിമിത്തമേവ ഉഭയംഭവതി അവനെ സംബന്ധിച്ചിടത്തോളം ആത്മരതിയും ആത്മക്രീഡയും രണ്ടും ആത്മവിജ്ഞാന ആത്മവിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞു ആത്മാദേശ ഭൂമാവ് അവൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത് അവൻ തന്നെയാണ് താനായിരിക്കുന്നത് എന്നുള്ള ജ്ഞാനം കൊണ്ട് മറ്റൊന്നിനെ ആശ്രയിക്കാത്തതിനാൾ ആത്മരതിയും ആത്മക്രീഡയും ആയിരിക്കുന്നു എന്നിട്ട് അയാൾ ഇതാണ് സുഖത്തിനുള്ള വഴിയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശോകസ്യ പരം താരയിട്ട് ശോകത്തിന്റെ മറുകരയിലെത്തിക്കുന്നു അനു സമാധാനോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് ആത്മവിജ്ഞാന നിമിത്തമേ വശോകത്താരണം ശോകത്തിന്റെ മറുകരയിലെത്തുക എന്ന് പറയുന്നത് കേവലം ആത്മവിജ്ഞാന നിമിത്തമാണ് മറ്റൊന്നുമില്ല നാല് തന്നെ അത് ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം നിന്റെ സ്വരൂപത്തെ നീഗ്രഹിക്കുക സ്വരൂപത്തിൽ നിന്ന് ബാഹ്യമായ സാധനങ്ങളെ അപേക്ഷിക്കാതിരിക്കുക സുഖത്തിന് വേണ്ടി അത് വിശദമാകുന്നു മിഥുനം ദ്വന്ദ്ജനിതം സുഖം തദവി ദ്വന്ദ് നിരപേക്ഷം യസ് ദ്വന്ദ്വജനിതമായ സുഖം ഈ ദ്വൈത അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സുഖം ഇന്ദ്രിയ അർത്ഥങ്ങളുടെ മിഥുനീകരണം കൊണ്ടുണ്ടാകുന്ന സുഖം അത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഇന്ദ്രിയ അർത്ഥ സംബന്ധം കൊണ്ടുവരുന്ന സുഖം ആണ് ദ്വന്ദ്ജനിത എവിടെയെല്ലാം ആ സുഖമുണ്ടോ അവിടെയെല്ലാം അതെല്ലാം ദ്വന്ദ്ജനിതമാണ് രണ്ടെണ്ണം കൂടിച്ചേരും മനസ്സ് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഇങ്ങനെ മിഥുനം ദ്വന്ദ്ജനിത സുഖം തദവി ദ്വന്ദ് നിരപേക്ഷം യസ്ഷണം അതേസുഖം തന്നെയാണ് വിദ്വാനിൽ ദ്വന്ദ് നിരപേക്ഷമായിരിക്കുന്നത് വിദ്വാൻ സുഖത്തിനു വേണ്ടി വിഷയങ്ങളെ ആശ്രയിക്കുന്നുണ്ട് വിഷയവ്യവഹാരം നടന്നാലും ശരിയാസുഖത്തിന് വേണ്ടി അതിനെ ആശ്രയിച്ചതല്ല വിദ്വാനിൽ വിഷയവ്യവഹാരം ഇല്ലെന്നുണ്ടായിരുന്നെ ഇപ്പൊ ഭാഷകാരൻ തന്നെ ഭാഷ അതൊരു വ്യവഹാരമാണ് ദ്വന്ദ് വ്യവഹാരമാണത് പക്ഷേ നമ്മളെപ്പോലെയല്ല നമ്മളെന്ത് ചെയ്യുന്നു അത്യന്തികമായി എന്തു ചെയ്യുന്നതും അതിനെ ആശരിച്ച സുഖത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് ഭൂമാവിന്റെ സുഖമാണ് പഠിക്കുന്നു കഷ്ടപ്പെട്ട് പഠിക്കുന്നു അതെന്ന് സുഖം നേടാൻ വേണ്ടിയാണ് അതുപോലെ ഒരുപാട് പരിശ്രമിച്ച് പഠിപ്പിക്കുന്നു എന്തിന് പഠിപ്പിക്കുന്നവന് സുഖമായതുകൊണ്ടാണ് ഉപദേശിക്കുന്നു എന്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത് സുഖമായതുകൊണ്ട ഉപദേശിച്ച് ശ്രവിക്കുന്നു എന്തുകൊണ്ട് ശ്രവിക്കുന്ന സുഖമായതുകൊണ്ടാണ് ദുഃഖമാണെങ്കിൽ ആരെങ്കിലും ഉപദേശിക്കുന്നില്ല ഒരാൾ കഷ്ടപ്പെടാൻ തയ്യാറാകുന്നതല്ലാതിൽ എവിടെയെങ്കിലും സുഖമുണ്ടെന്ന് അറിഞ്ഞിട്ട് എല്ലായി എല്ലാ പറയുന്നതും സുഖനിമിത്തമാണ് സുഖമെന്ന് പറയുന്നു ഒന്നിനു വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് വ്യവഹാരം ദ്വന്ദ്വാത്മകമാണ് ദ്വന്ദ്വാത്മകമായ ഈ വ്യവഹാരത്തിന്റെ പരമലക്ഷ്യം അസുഖമാണ് പക്ഷെ ഒരാളിൽ ഒഴികെ ആരാണ് ദ്വന്ദ് നിരപേക്ഷം പറയുന്നത് ഈ ശബ്ദാദിനമിത്തമായ സുഖങ്ങൾ വ്യവഹാരത്തിൽ നിന്ന് കിട്ടുന്ന സുഖം നാലതിനും പഠിച്ചൊക്കെ ഉണ്ടായ സുഖം സുഖം അതെന്താണ് ശബ്ദാദിനമിത്തമായ സുഖം ആനന്ദം അതിനും പറയാം ആത്മാനന്ദം എന്ന് പറയാം ആത്മാനന്ദ അവിദ്വഷ പക്ഷെ ഇതെല്ലാം എന്ന് പറ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു തൊട്ട് മുമ്പ് പറഞ്ഞു പുരസ്ഥാദാത്മാ ദക്ഷിണത ആത്മാ ഉത്തരത ആത്മീയവേദം സർവം ഇതെല്ലാം ആത്മാവാണെങ്കിൽ ആനന്ദവും ആത്മാവിൻ്റെതാണ് ആത്മാനന്ദം തന്നെയാണ് പക്ഷെ വിദ്വാൻ ആ ആനന്ദത്തെ ശബ്ദാദിനമിത്തമായി ഗ്രഹിക്കുന്നു ആ വ്യത്യാസം ആ വിദ്വാൻ ആത്മാനന്ദം തന്നെയാണ് ആകാശത്തിലൊരു നീലമോ കാണുന്നുണ്ട് അവിടെ ഒരു നീലനിറം ഇല്ലാതെ കാണാൻ പറ്റൂ എന്തായാലും അവിടെ ഒരു നീലനിറമുണ്ട് പക്ഷേ അത് ആകാശത്തിൻ്റെതാണെന്ന് ധരിക്കുന്നു അതുപോലെ അവിദ്വാനം ചെയ്യുന്നു ഈ ആത്മാനന്ദം അവിദ്വാനീ ആത്മാനന്ദത്തെ അറിയുന്നുണ്ട് എങ്ങനെ ശബ്ദാദിനമിത്തം വിഷയത്തെ നിമിത്തമായി വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ ആത്മാനന്ദത്തെ തന്നെ ആത്മാനന്ദം തന്നെയാണ് ഈ വിഷയങ്ങളിലൂടെ പ്രകാശിക്കുന്നത് ഏതു തരത്തിലുള്ള വിഷയാനന്ദ്ര ആ വിഷയാനന്ദത്തിനുള്ള വിഷയം നിമിത്തമായി അന്ധകരണത്തിനുണ്ടാകുന്ന ആ ആനന്ദത്തിൽ പ്രകാശിക്കുന്നത് ആത്മാനന്ദം തന്നെ അവിദ്വാനെ സംബന്ധിച്ചിടത്തോളം ആത്മാനന്ദം വിഷയാനന്ദമാണ് തഥാസ്യ വിദുഷ വിദ്വാൻ ഇത്രീ ആത്മനിത്തം വിദ്വാൻ മനസ്സിലാക്കുന്ന ഇത് ആത്മാനന്ദം തന്നെയാണ് അവിടെ പറയുന്നില്ല താല്പര്യം അവിദ്വാനിന്റെ വിഷയാനന്ദം വിദ്വാന് ആത്മാനന്ദമാണ് സർവം സർവദാ സർവപ്രകാരങ്ങളത് തരത്തിലായാലും ദിശ ഏത് തരത്തിലായാലും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ആത്മേവേദം സർവം സർവമാത്മാവാണ് സർവത്തിൽപ്പെടുന്നാണല്ലോ ഈ ആനന്ദവും ആനന്ദവും ആത്മാവ് തന്നെ ആത്മസ്വരൂപം തന്നെ വിദ്വാനെ സംബന്ധിച്ച് ാണ് സർവദാ സർവപ്രകാരണം അതിനെന്താ മനസ്സിലാക്കുന്നത് ശബ്ദാദി നിമിത്തമായ ആനന്ദം വിദ്വാനിലില്ലെന്നല്ല വിഷയ നിമിത്തമായ ആനന്ദം വിദ്വാൻ ഇല്ലെന്നല്ല വിദ്വാൻ പാൽപായസം കുടിച്ചാലെന്താ കഴിക്കൂ കയ്ക്കത്തില്ലല്ലോ ഓ ഇത് വിഷയാനന്ദ കയ്പായേക്കും അങ്ങനെയുണ്ട് അതുകൊണ്ട് പൽപ്പായസം കുടിച്ചിട്ട് പിന്നെ സ്വാമി നിർവീകാരനായിരുന്നിട്ട് കാര്യമില്ല എന്റെ കൂടെ നിർവീകാരമാണ് അന്ന് എന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് മധുരമാണെങ്കിൽ അത് ആനന്ദത്തെ ഉണ്ടാക്കും ദുസ്വാദാണെങ്കിൽ ദുഃഖത്തെ ഉണ്ടാക്കും അത് വിഷയാനന്ദം തന്നെയാണ് വിഷയനിമിത്തമാണ് അതുണ്ടാകുന്നത് വിദ്വാനായാലും ശരി അവിദ്വാനായാലും ശരി ശരീരേന്ദ്രിയം മനസ്സുകളെല്ലാം യോഗ്യമായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച പ്രവർത്തനത്തിനോട് പ്രതിപ്രവർത്തിച്ച ലൗകികമായ നിയമങ്ങളനുസരിച്ച് പറയുന്ന കാര്യം പൽപായസം കുടിക്കുന്നു പക്ഷെ നാക്ക് മരവിച്ച് പോയി സുഖം തോന്നത്തില്ലല്ലോ അതല്ല പറയുന്നു നോർമൽ ആൾക്കാരെ കുറിച്ച് പറയും അങ്ങനെ ഈ വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ അജ്ഞനും അനുഭവിക്കുന്നു വിദ്വാനും അനുഭവിക്കുന്നു ഒരുപോലെ അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് തഥാത്മാനന്ദ ശബ്ദാദിനമിത്ത ആനന്ദം ശബ്ദാദിനമിത്തമായ ആനന്ദം രണ്ടുപേർക്കും ഒരു ആനന്ദം തന്നെ അജ്ഞനും വിദ്വാനും എന്ന ഒരു ആനന്ദം അജ്ഞൻ കാണുന്നു ഈ ശബ്ദസ്പർശ രൂപരസന്ധങ്ങളെ തന്നെ വിദ്വാൻ കാണുന്ന അങ്ങനെ തന്നെ ശബ്ദസ്പ്രശനം തന്നെ പക്ഷേ അവിടെ എന്താണ് കിം ദർഹി എന്താണ് ആത്മനിമിത്തം ഏവസരവും എന്തുകൊണ്ട് ആത്മവേദന സർവം വിദ്വാനെ സംബന്ധിച്ചതല്ല ആത്മനിമിത്തം ആ വിഷയാനന്ദത്തിലും വിദ്വാൻ കാണുന്നത് ആത്മാനന്ദത്തെയാണ് എന്തിനാ വിഷയാനന്ദത്തിൽ ആത്മാനന്ദ കാണുന്നത് വിഷയത്തെങ്ങൾ ഒഴിവാക്കൂടെ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം വിഷയത്തെ ഒഴിവാക്കിയിരിക്കില്ല വിഷയം ഒഴിഞ്ഞിരിക്കുക നിർവിഷയസ്വരൂപമാണ് താൻ പിന്നെ വിഷയങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യം തോന്നുന്നു വിഷയങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണ് വിഷയങ്ങൾ ഒഴിഞ്ഞിരുന്നാലും വിഷയത്തിന് ആനന്ദത്തെ ഉണ്ടാക്കുന്ന കൽപ്പമുണ്ട് ശേഷിയുണ്ട് അതങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ടുണ്ടാകുന്നു വിദ്വാന്റെ മനസ്സും എന്ത് ചെയ്യുന്നു പ്രപഞ്ചത്തോട് സംവേദിക്കുന്നു പ്രവർത്തനം പ്രതിപ്രവർത്തനം നടത്തും ശീതത്തെ ശീതമായി ഉഷ്ണത്തെ ഉഷ്ണമായി അറിയുന്നു അതിൽ അനുകൂല പ്രതികൂലങ്ങളെയും അറിയുന്നു അനുകൂലത്തിൽ സുഖം വരുന്നു പക്ഷെ അത് ആത്മാനന്ദത്തിൽ നിന്ന് വേറിട്ടല്ല അതിനു കേവലം വിഷയജന്യമായ സുഖമായിട്ടല്ല കാണുന്നത് മറിച്ച് ആത്മീയവേദം സർവം എന്നുള്ള അനുഭവം കൊണ്ട് അതും ആത്മനിമിത്തം ആത്മാവിൽ ആത്മരൂപത്തിലുള്ള സുഖമുണ്ടാവുന്നു അത് സർവ സർവതാ സർവപ്രകാരം രണ്ടുപേരും വളരെ ചെറിയൊരു വ്യത്യാസമാണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ നിമിത്തം ഇത്രയും അജ്ഞനെ ബാഹ്യസാപേക്ഷം വിജ്ഞാനം സംബന്ധിച്ചിടത്തോളം ബാഹ്യനിരപേക്ഷം അതെങ്ങനെ ബാഹ്യനിരപേക്ഷമാകുന്നു വിദ്വാന ശബ്ദസ്പർശാദികൾ അനുഭവിക്കുന്നു അപ്പോ അവിടെ അനുകൂല പ്രതികൂലങ്ങളുണ്ടാകുന്നു സുഖതുക്കങ്ങൾ ഉണ്ടാകുന്നു ഇല്ല ബാഹ്യനിരപേക്ഷമാവുന്ന കാരണം വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ പുരസ്ഥാദ് പശ്ചാത്ത ദക്ഷിണത ഉത്തരത എന്നെല്ലാം പറഞ്ഞതുപോലെ ബാഹ്യാഭ്യന്തരശൂന്യ ബാഹ്യാഭ്യന്തരശൂന്യരഹിതമായ ആത്മാവാണ് സർവമാണ് ആയിരിക്കുന്നത് എന്നാണ് വിദ്വാന്റെ അർത്ഥം അതുകൊണ്ട് വിഷയനിമിത്തം എന്നുള്ള സ്ഥാനത്ത് ആത്മനിമിത്തം എന്ന് പറയുന്നു നിരപേക്ഷമാണ് നമ്മുടെ വിഷയപക്ഷത്തെ സ്വീകരിക്കുന്നുണ്ട് ആത്മപക്ഷത്തെ സ്വീകരിക്കുന്നു അതുകൊണ്ട് അത് വിഷയ നിരപേക്ഷമാണ് അങ്ങനെ കാണാൻ കഴിവുള്ള അജ്ഞനും വിഷയ സാപേക്ഷമായി വരുന്ന ആനന്ദം തന്നെ വിജ്ഞനും വിഷയനിരപേക്ഷമായി വരും ദേഹജീവിത ഭോഗാദി നിമിത്ത ബാഹ്യവസ്തു നിരപേക്ഷയ്ക്ക് എത്താതാണ് ഈ ദേഹം ജീവിതം ഭോഗം സുതുക്കാനുഭവം ഇതെല്ലാം നിമിത്തമായിട്ടുള്ള ബാഹ്യ ഇവയ്ക്കെല്ലാം നിമിത്തമായിരിക്കുന്ന ബാഹ്യവസ്തു നിരപേക്ഷ ബാഹ്യവസ്തു നിരപേക്ഷമായി സുഖം അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് ബാഹ്യവസ്തുവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയും അതേസമയം ബാഹ്യവസ്തു നിരപേക്ഷമായിരിക്കുകയും ചെയ്യുക അതാണ് ഇവിടെ പറയുന്നത് കാണുന്നില്ലെന്നോ അനുഭവിക്കുന്നില്ലെന്നോ അല്ല പക്ഷെ വേറൊരു തരത്തിൽ മനസ്സിലാക്കുന്നത് ഇതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറിന് പറയാറുണ്ട് എന്താണോ നിസ്സംഗമായി കാണുന്നു നിസ്സംഗമായി ഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ നിരപേക്ഷമാണെന്ന് പറയുന്നു നിസ്സംഗത നിരപേക്ഷത എന്ന് പറയുന്നത് എന്താ അത് കേവലം മനസ്സിന്റെ നിസ്സംഗത എന്ന് പറയുന്ന ആത്മസ്വരൂപം തന്നെ എന്റെ സ്വരൂപമാണ് സ്വസ്വരൂപമാണ് നിസംഗത എന്ന് പറയുന്നത് അപ്പോ ആ സ്വസ്വരൂപത്തെ നിസ്സംഗമായി ബോധിക്കുന്നവൻ്റെ മനസ്സിനും വരുന്നു ആ ഒരു ഭാവം പ്രതികൂലത്തെ കാണുമ്പോൾ ദുഃഖവും അനുകൂലത്തെ കാണുമ്പോൾ സുഖവും മനസ്സിൽ വരുന്നത് പോലെ സ്വസ്വരൂപമായാണ് നിസ്സംഗത എന്നറിയുന്നത് കേട്ടോ മനസ്സിനും വരുന്നു വാസ്തവത്തിൽ അത് ആത്മസ്വരൂപമാണ് പ്രകാശം ദർപ്പണത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്നത് പോലെ ആത്മസ്വരൂപമായ നിസ്സംഗത മനസ്സിൽ പ്രതിബിംബിക്കുന്നു അങ്ങനെ മനസ്സിനും നിസ്സംഗത ആ നിസ്സംഗതയിൽ ബാഹ്യവസ്തുക്കളെ ആശ്രയിച്ചാലും അവൻ നിരപേക്ഷനായി തന്നെ ഇരിക്കുന്നു കാരണം ബാഹ്യവസ്തുവിനെ ആശ്രയിക്കുന്നു ബാഹ്യവസ്തു അനുകൂലമാണെന്ന് മനസ്സിൽ ബോധം വരുന്നു ആ അനുകൂലത്തിൽ മനസ്സിൽ ആനന്ദം ആവിർഭവിക്കുന്നു അവിടെയെല്ലാം വിദ്വാനെ സംബന്ധിച്ച നിസംഗതയാണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വിവേകം ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമോടെ പറയുന്നു ഇപ്പൊ സംഘം നിസംഗം എന്ന് പറയുന്നതിൽ വളരെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് സംഘവും നിസംഗവും ഏകദേശം ഒരുപോലെ തന്നെ കാഴ്ച നിസ്സംഗത അഭിനയിക്കുന്ന ഒന്നുമല്ല ഞാൻ കൃത്രിമമായ മനസ്സുകൊണ്ട് ഭാവിക്കുന്നതുമല്ല ഞാൻ നിസ്സംഗനാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല സ്വാമിമാരെ പോലെയല്ല അത് ബാധിച്ചാലും ബാധിക്കുന്നില്ലെന്നുള്ള ഭാവത്തിയിരിക്കാം വെറുതെ കൽപ്പിക്കും ഉള്ളിൽ സംഘർഷമുണ്ടെങ്കിലും പുറമേ ഇല്ലെന്നും ഉള്ളിൽ ആസക്തി ഉണ്ടെങ്കിലും പുറമെ ഇല്ലെന്നും നിസംഗനായിരിക്കാം ഇതല്ല ഇതെല്ലാം എന്താണോ ആത്മസ്വരൂപം തന്നെ ആത്മീയവേദം സർവം എന്നുള്ള ബോധമാണ് ആത്മസ്വരൂപമായിരിക്കെ സ്വയം താൻ നിസ്സംഗസ്വരൂപത്തിൽ തന്നെ ഇരിക്കും ആ നിസ്സംഗത തൻ്റെ കർണങ്ങളിലേക്കും വ്യാപിച്ചിരിക്കും വിഷയത്തെ അപേക്ഷിക്കുമ്പോഴും നിരപേക്ഷനായിരിക്കുന്നു എന്ന് ചെരുത്താം ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ നമുക്ക് പറയാതെ വിഷയങ്ങളിൽ ശക്തമായിരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ വിഷയബന്ധത്തെ കാണിക്കുക അപ്പോഴും അയാൾ നിസ്സംഗനായിരിക്കുന്നു അതങ്ങനെയാണ് സർവ്വത്ര ആത്മാവ് സദാ നിസ്സംഗമായി തന്നെയിരിക്കുന്നു മനസ്സും കരണങ്ങളും ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെടുമ്പോഴും ആ നാം നിസ്സംഗമായിരിക്കുന്നു പക്ഷെ അതിനെ അറിയുന്നു അത്രയുള്ളൂ ആ വിദ്വാനറിയുന്നില്ല അപ്പോൾ വിഷയഗ്രഹണത്തിലും അതെന്ന് പറയുന്നത് ദേഹ ജീവിത ഭോഗാദിനിമിത്ത ഇതെല്ലാം നിമിത്തമായിട്ടുള്ള വിഷയങ്ങളും മറ്റും നിമിത്തമായിട്ടുള്ള ബാഹ്യവസ്തു ഈ ബാഹ്യവസ്തുവിൽ നിന്നും നിരപേക്ഷനായിരിക്കുന്നു ജീവൻ മുക്തിയെക്കുറിച്ച് പറയും വിദ്വാൻ്റെ ആത്മാനന്ദത്തെ കുറിച്ച് പറയുന്നു അപ്പൊ ആത്മാനന്ദം എന്ന് പറയുന്നത് നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദ വലിയൊരു ആനന്ദമുണ്ടായി ആനന്ദം സഹിക്കാൻ പോയാതെ എൻ്റെ തല പൊട്ടിപ്പോകുന്നുവലെ തോന്നി വേദന പോലെ അങ്ങനെയൊന്നുള്ള ആനന്ദമല്ല ആത്മാനന്ദം ഇത് ആ വിദ്വാന്റെ നിരപേക്ഷതയാണ് ആ നിരപേക്ഷതയിൽ അനുഭവിക്കുന്ന ശാന്തി അതാണ് അതിന് ഇവിടുത്തെ എന്ന് പറയുന്നത് സ്വസ്മിൻ പ്രതിഷ്ഠിത ഇതെവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നവന തോന്നു തന്നെ തന്നെ പ്രതിഷ്ഠിതനായിരിക്കുന്നു ആ ഭൂമാവ് അപ്പൊ തന്നിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഭൂമാവെന്ന് പറയുമ്പോൾ തന്നിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്ന സുഖം അപ്പൊ സൂര്യനിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്ന വെളിച്ചം ജലാശയങ്ങളിലൂടെ പ്രകാശിക്കുന്ന പോലെയുള്ളൂ അവിദ്വാന്റെ സുഖം അവിടെയാണല്ലോ പ്രകാശം പ്രതിഷ്ഠമായിരുന്നു പക്ഷേ പ്രതിബിംബത്തിലുള്ള ഉപാധികളിലൂടെയെല്ലാം ആ പ്രകാശം പ്രകാശിക്കുന്നു അതാണ് ആ വിദ്വാൻ്റെ സുഖം വിദ്വാൻ്റെ സുഖമോ ആ സൂര്യനിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു വെളിച്ചം പോലെ ബാഹ്യവസ്തു നിരപേക്ഷം എന്ന് പറയുന്നത് ബാഹ്യവസ്തുവിനെ അപേക്ഷിക്കുമ്പോൾ നിരപേക്ഷമായിരുന്നു അതാണ് നിരീക്ഷിച്ചത് അപ്പോൾ അപേക്ഷിക്കുമ്പോഴും നിരപേക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ അല്ല കാരണം അപേക്ഷിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ നിസ്സംഗതയാണെങ്കിൽ പിന്നെ അവിടെ അപേക്ഷിക്കുന്നില്ല അപേക്ഷിക്കുന്നത് പോലെ തോന്നുന്നു അത്രയുണ്ട് വാസ്തവത്തിൽ അവിടെ പരമാർത്ഥത്തിൽ അവിടെ അപേക്ഷിക്കുന്നില്ല സ്വയം ലക്ഷണവിദ്വാൻ ജീവൻ എന്നിവ സ്വരാജ്യ അഭിഷിക്ത എന്റെ ഫലത്തെ പറയുന്നു അവൻ സ്വരാജ്യത്തിൽ അഭിഷിക്തനാണ് വെച്ചാൽ അവൻ സ്വയം ചക്രവർത്തിയാണോ അവൻ വേറെ ചക്രവർത്തി ഇല്ല അവൻ വേറെ രാജാവിന്റെ കീഴിൽ പ്രജയായി കഴിയുന്നവനല്ല ആത്മബോധം കൊണ്ടുള്ള സ്വാതന്ത്ര്യം രാജാവിനെന്താണ് രാജാവ് പൂർണ്ണ സ്വതന്ത്രനാണ് ഇഷ്ടമുള്ളപ്പോൾ എവിടെ വേണോ പോകാം ഉണ്ണാം ഉറങ്ങാം കിടക്കാം ആരും ചോദിക്കാനില്ല നിയന്ത്രിക്കാനില്ല ആജ്ഞാപിക്കാനില്ല ഭൃത്യന്മാർ സേവകന്മാർ പ്രജകളങ്ങനെയല്ല രാജാവ് പറയുമ്പോൾ ഉറങ്ങണം നീക്കണം രാജാവ് പറയുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം അസ്വാതന്ത്ര്യമാണ് രാജാവിന് അധീനമാണ് ഇവിടെ അങ്ങനെയല്ല സ്വരാജ്യാഭിഷിക്ത അവൻ സ്വയം ചക്രവർത്തി പദത്തിൽ അവനെ അഭിഷേകം ചെയ്തിരിക്കണവനും പിന്നെ ഒന്നും ആരുടെ അനുവാദത്തിന് വേണ്ടി കാർത്തിക്കേണ്ട കാര്യമില്ല എന്തിനാ ഈ ആനന്ദത്തെ സുസുരൂപമായ ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് ആരുടെ പെർമിഷൻ ഉണ്ട് അത് പൂർണ്ണ സ്വാതന്ത്ര്യത്തെ കാണിക്കുകയാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണല്ലോ പൂർണ്ണമായ ആനന്ദമുള്ളത് ബന്ധനും ദുഃഖത്തെ ഉണ്ടാക്കും അതാണ് പറയുന്നത് സംസാര ബന്ധനം വലിയ ദുഃഖമാണെന്ന് പറയുന്നത് സംസാരമോചനം ആനന്ദമാണെന്ന് പറയുന്നു അവിദ്വാൻ രാജാവ് ബന്ധിക്കുന്നു തനിക്ക് അതീതന്നെ നാക്കിയിട്ട് വിദ്വാൻ സ്വയം രാജാവായി മാറുന്നു സർവ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ രാജ ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നത് ഇവിടെ നാരദന സമുദ്രത്തിലൊന്നാണ് ദുഃഖത്തെ അനുഭവിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം ഗ്രഹിച്ചിട്ട് അവസാനം ആനന്ദത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല നിരപേക്ഷനല്ല പറയുന്നതിന് താല്പര്യം അതാണ് നിരപേക്ഷതയിലെ ഒരു ആനന്ദം രാജാവിന്റെ പണമുണ്ട് അധികാരമുണ്ട് ആരോഗ്യമുണ്ട് സർവശേഷിയുണ്ട് അപ്പൊ ഇതിന് വേണ്ടി ഒന്നിനെ ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് അതിലൊരു സുഖം ആ വിദ്വാന്റെ സുഖമല്ല എന്നാലും പ്രജകളെ അപേക്ഷിച്ച് വലിയ സുഖം പ്രജാഗ്രഹിക്കൊരു ചക്രവർത്തി ആയെങ്കിൽ ക്ലേശകരമാണെങ്കിലും അതിനായിക്കഴിഞ്ഞാൽ പിന്നെ സുഖം തനിക്ക് അധീനമായ സർവ്വ അതുപോലെ ഒരു സുഖമാണ് വിദ്വാനുള്ളത് ഒന്നിനും അധീനമല്ല വിവാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭൂമ തത്വത്തെ ഗ്രഹിച്ച അതാണ് നിരപേക്ഷൻ എന്ന് പറയുന്നു നിരധീനനാണ് ഒന്നിനും അധീനനല്ല അതാണ് അതിന്റെ സുഖം എന്ന് പറയുന്നത് മറ്റ് എന്തിനെങ്കിലും ആശ്രയിച്ചാൽ ജീവൻ അത് ബന്ധനമാണ് അത് അസ്വസ്ഥതയുണ്ടാകും ദുഃഖത്തെ ഉണ്ടാകും വിദ്വൻ അങ്ങനെയല്ല ജീവനേവ ജീവിച്ചിരിക്കെ ജീവൻ മുക്തൻ സ്വരാജ്യ അഭിഷിക്ത സ്വരാജ്യത്തിൽ അഭിഷിക്ത തന്നെ െ സ്വസ്വരവുമായ ആനന്ദം തന്നെ സ്വസ്വരവുമായ ശാന്തി തന്നെ അതിനിഷിപ്തനാകുന്നു ഇനി പതിതേ വിദേഹമുക്തി സ്വരാഡൈ വീണ്ടും അവൻ അതേ സ്ഥിതി സ്വയം രാജ്യത്തെ അവൻ സ്വയം പ്രകാശിക്കുന്നു ആന്തരപേക്ഷത ഈ ശരീരം പതിച്ചാലും ശരീരം പതിക്കാതിരുന്നാലും ഒരുപോലെ നിൽക്കുന്നു തത്വജ്ഞാനത്തിന്റെ ഗുണം അതാണ് പൂർണമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു ഭൗതികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല പറയുന്നു ആത്മീയമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഭൗതിക സ്വാതന്ത്ര്യം ധരിക്കരുത് നമ്മൾ മറ്റൊരാൾ ഭരിക്കുന്നു അതുകൊണ്ട് തൻ വരുന്ന പറയുന്നു ആധ്യാത്മികമായ സ്വാതന്ത്ര്യം ആന്തരികമായ സ്വാതന്ത്ര്യം ബാഹ്യമായ വിദ്വാന്റെ കൈകളെ ബന്ധിച്ചിരുന്നാലും ശരി അങ്ങനെ ചെയ്യാമോ ആന്തരികമായി വിദ്വാൻ സ്വതന്ത്രനാണ് ആദ്ധ്യാത്മികയുടെ ആത്യന്തികമായ താല്പര്യം സിദ്ധിയോ ശക്തിയോ എന്തൊക്കെ നേടിക്കഴിഞ്ഞാൽ ശരി ഈ ആത്മീയ സ്വാതന്ത്ര്യം അതെന്ന് കിട്ടുന്ന ശാന്തി സുഖം അനുഭവിച്ചതിൽ പിന്നെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇതെല്ലാം അതിനു ശാസ്ത്രവും ഗുരുവും ഉപദേശവും എല്ലാം ആന്തരികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ജ്ഞാനം വിജ്ഞാനം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ ബന്ധവും അതിനു ഇതെല്ലാം ബന്ധമാണല്ലോ എല്ലാ ബന്ധവും ബന്ധനമാണ് എല്ലാ ബന്ധനവും ഈ മോചനത്തിന് വേണ്ടിയിട്ടാണ് ആത്മീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടാണ് പര ബാഹ്യമായ സ്വാതന്ത്ര്യം അല്ലാന്നെന്തുകൊണ്ട് പറഞ്ഞു അനന്തരപേക്ഷത വിജ്ഞാനം തുടങ്ങിയ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ആനന്ദമല്ല ആന്തരികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ബാഹ്യമായി സംഭവിക്കുന്നതല്ല പഞ്ചഭൂതാത്മകമായി ശരീരം കൊണ്ടോ കരണങ്ങളെ കൊണ്ടോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യം നേടാൻ ആത്മീയബോധമല്ലാതെ ഇതിൻ്റെ സ്വഭാവമാണ് ബന്ധിക്കുക എന്ന് പറയുന്നത് സ്വദേ ബന്ധിക്കുന്നതാണ് ഈ ശരീരത്തിൻ്റെ സ്വഭാവമെങ്കിലും ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ ഒരുവൻ സ്വയം തന്റെ ചക്രവർത്തി താൻ തന്നെയാവുന്നു ഇതാ ജ്ഞാനം നേടിയ അവസ്ഥയെക്കുറിച്ച് പറയണം ഞാനും നേടുന്ന സാധനകളെക്കുറിച്ചല്ല ആ സാധനകളിൽ കുറിച്ച് പാരതന്ത്ര്യം വരും അതൊരു സാധന എന്ന ഗുരുശിഷ്യബന്ധം ഗുരുശിഷ്യബന്ധത്തിലൊരു പാരതന്യം ഉണ്ട് അതൊരു സാധന എന്നുള്ളത് അതിന്റെ പൂർണതയെക്കുറിച്ച് പറയണം അവിടെ പാരതന്ത്രമുണ്ട് ഒരു ഗുരു ആഗ്രഹിക്കത്തില്ല ശിഷ്യനെന്നും തനിക്ക് പരതന്ത്രനായിരിക്കണം തനിക്ക് അധീനനായിരിക്കണം ാഗ്രഹിക്കത്തില്ല അവർക്കെന്താണ് അവന്റെ മോചനമാണ് ഗുരു ആഗ്രഹിക്കുന്നത് അവന്റെ സ്വാതന്ത്ര്യമാണ് ആത്മീയ സ്വാതന്ത്ര്യമാണ് ഗുരു ആഗ്രഹിക്കുന്നത് ശിഷ്യനിൽ തന്റെ അധീനതയല്ല ഗുരു പ്രതീക്ഷിക്കുന്നു ആ സ്വാതന്ത്ര്യം എത്തുന്നത് വരെ ഉള്ളൊരു നിയന്ത്രണമെന്നുള്ള നിലയ്ക്ക് ശിഷ്യൻ സ്വയം സ്വീകരിച്ചിരിക്കുന്നതാണ് അത്തരം പരാധീനതകൾ ഒരു ശിഷ്യബന്ധം എന്നും മറ്റും പറയും പരാധീനത പക്ഷെ അത് പരമാർത്ഥമല്ല ഒരു ശിശു ശിശുവായിരിക്കുന്നു എന്ന് ഒരിക്കലും ഒരു അമ്മ ആഗ്രഹിക്കത്തില്ല വളർന്ന് സ്വന്തം കല നീക്കണം സ്വതന്ത്രനാകണം എന്നും ആഹാരം അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കണമെന്നും ഒരു മാതാവും ആഗ്രഹിക്കത്തില്ല സ്വയം ആഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ആത്യന്തികമായി സ്വാതന്ത്ര്യമാണ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനം എല്ലാ വിധേയത്വങ്ങളിൽ നിന്നും എല്ലാ കടമകളിൽ നിന്നും ഉള്ള മോചനം കൃതകൃത്യത ആണ് ആത്യന്തികമായി ഒരു നേരിടേണ്ടത് നിസ്സംഗത ഒന്നിനോടും ബന്ധമുണ്ടാകും എല്ലാത്തിൽ നിന്നുള്ള മോചനം അത് സ്വയം അനുഭവിക്കും താൻ സ്വതന്ത്രനാണ് അതൊരു അഹമ്മതിയായിട്ടല്ല ഒരു അഹങ്കാരമായി തോന്നുന്ന ഈ ആത്മബോധം കൊണ്ടൊരാകെ തോന്നുന്നു അതുകൊണ്ടാണ് ആ അഹങ്കാരാദേശത്തിന് ശേഷം ആത്മാദേശം എന്ന് പറഞ്ഞു ആത്മബോധം കൊണ്ടത് തോന്നണോരാ താൻ സ്വതന്ത്രനാണ് നിരപേക്ഷനാണ് സ്വാനുഭവമായി പറഞ്ഞു അതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം അതാണ് താൻ തനിക്ക് തന്നെ ചക്രവർത്തിയായിരിക്കുന്നു താൻ മറ്റൊന്നിനും അധീനമല്ല എന്ന് പറയുന്നു സുഖം എന്താണ് ഭൂമാവ് എന്താണ് പരമാനന്ദം വിദ്വാനിൽ ഏവൻ ലക്ഷണം ഈ ലക്ഷണങ്ങളോടു കൂടിയ വിദ്വാൻ ആ നിസ്സംഗനായിരിക്കുന്ന പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്ന വിദ്വാൻ ജീവൻ സ്വരാജ്യ അഭിഷേക്ത സ്വയം ചക്രവർത്തിയായി വേറെ ആരെങ്കിലും അയാളെന്തെങ്കിലും ആക്കിയതല്ല അത് പറയുന്നതാണ് രാജാവിനെ ചക്രവർത്തിയാക്കുന്നത് പുരോഹിതനാണ് അഭിഷേകം ചെയ്തു ചക്രവർത്തിയായി ആക്കുന്നു ഇതങ്ങനെയല്ല സ്വയം തന്നെ ആയതാണ് സ്വയോകനായിത്തീരുകയാണ് സ്വരാജ്യത്തിൽ അഭിഷിക്തനായവൻ പതിദേവിദേഹി ഈ ശരീരനാശത്തിലും സ്വരാഡയ ഭൂതി യഥൈവം ഭൂതി തഥൈവ തസ് സർവേഷു ലോകേഷു കാമാരോ ഈ തത്വഗ്രഹണവും നമ്മൾ പറഞ്ഞ ഉപാസനകളും തമ്മിലെ കൂടി പറയുന്നു ഒരു ഉപാസനയെന്ന് വെച്ചാൽ ഫലം അത്രേ സംഭവിക്കുന്നു പിന്നെ എന്തെങ്കിലും ഫലം സംഭവിക്കണമെങ്കിൽ പിന്നെ അതിനുള്ള സാധനം ചെയ്യും ദേവത്തെ ഉപാസിക്കും എന്താ ഫലം ദേവതാ സാക്ഷാത്കാരം അത് എൻ്റെ ഫലം ദേവതാനുഗ്രഹം അത് ഫലം അതേ ഉള്ളു അതിനപ്പുറം ഫലം ജ്ഞാനത്തെ മുക്തിയെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് വാങ്ങാനും പറ്റത്തില്ല ഇതൊരാരും വാങ്ങിയിട്ടുമില്ല ആരും കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ കൊടുക്കൽ വാങ്ങി ക്രൈം വിക്രയം ഇത് മുക്തി എന്ന് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് സ്വയം അഭിഷക്തനാകുക എന്ന് പറയുന്നത് അതാണ് വേറെ ആൾ കൊടുക്കുന്നതല്ലോ ഈശ്വരൻ കൊടുക്കത്തില്ലേ ഗുരു കൊടുക്കത്തില്ലേ എന്നൊക്കെ ചോദി പറങ്ങനെ ഈശ്വരൻ നൽകുന്നു ഗുരു നൽകുന്നു എന്നൊക്കെ പറയാറുണ്ട് എന്താ എൻ്റെ താൽപ്പര്യം അതിനു വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതേയുള്ളൂ അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നു അതിനുവേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു അതിന് വരുന്ന വിഘ്നങ്ങൾ പരിഹരിക്കുന്നു അത്രേ ഉള്ളൂ അത് ചെറിയ കാര്യമില്ല അത് വലിയ കാര്യമാണ് പക്ഷെ അതിനേക്കാളും വലിയ കാര്യമാണ് അത് നേടുക അത് സ്വയം കൈവരുന്നെന്ന് പറയുന്നത് അതിലൊക്കെ ഉപരിയായ കാര്യമാണ് അതുകൊണ്ട് അത് കൊടുക്കാനും വാങ്ങാനും പറ്റിയ കാര്യമില്ല മറ്റുള്ളതെല്ലാം അതിനുവേണ്ടി സഹായിക്കുന്നു സ്വയം എന്താണിത് സ്വരാട്ട് സ്വയം സ്വയം ഒരുവനിൽ വെളിപ്പെടുന്നതാണ് സ്വതസിദ്ധമാണെന്നും പറയും സ്വയം സിദ്ധമാണ് എന്ന് പറയും ബാക്കിയുള്ള സർവ്വത് എന്താണ് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അതൊക്കെ ആവശ്യമാണ് അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല സ്വസിദ്ധമായതുകൊണ്ട് പക്ഷെ അതിന് ഭ്രമം പാടില്ല ഇതൊരാളടുത്ത് തരുന്നതാണ് ഞാൻ വാങ്ങുന്നതാണ് എന്നുള്ള ഭ്രമം പാടില്ല എന്നുള്ള പ്രതീക്ഷയും പാടുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരാൾക്ക് സാധനയുടെ ആവശ്യമുണ്ടായിരുന്നു സാധന എന്ന് പറയുന്നത് വ്യർത്ഥമായി വിശ്രോണ മനനങ്ങളെല്ലാം വ്യർത്ഥമാവും ഒന്നിന്റെ ഒരാളെ തരുന്നു ഞാൻ വാങ്ങുന്നു ശാസ്ത്രവും ഗുരുവുമെല്ലാം വ്യർത്ഥമാവും ഗുരു ശാസ്ത്രവും എല്ലാം സാധനയുടെ ഭാഗമാണ് സിദ്ധിയുടെ ഭാഗമല്ല സിദ്ധിയിൽ ഗുരുടെ നൈവ ശിഷ്യഹ അതാണ് സിദ്ധിയുടെ ഭാഗമായി ഗുരുവില്ല ഈശ്വരനുമില്ല അവിടെ എന്താണ് തത്വമസി സാധനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സാധന എവിടെ അത് സാധകനിലാണ് സിദ്ധനുണ്ട് അപ്പം അവിടെയെല്ലാം സ്വയം ആണ് തന്നിൽ സംഭവിക്കുന്നത് യഥൈവം ഭവതി തദയവ തസ്യ സർവേഷു ലോകേഷു കാമചാരോഭോതി അതിന്റെ ഫലം പറയും മുമ്പ് ഓരോ ഉപാസനകളും പറഞ്ഞെടുത്ത് അതാത് ഉപസന മനസ്സിന്റെ മനസ്സേതുവരെ പോകുന്നു പ്രാണന ഏതുവരെ പോകുന്നു മനസ്സിൻ്റെ തലം പ്രാണന്റെ തലം ബുദ്ധിയുടെ തലം വിജ്ഞാനത്തിൻ്റെ തലം അതുവരെ അവൻ എത്തിച്ചേരുന്നു അന്ന് പറഞ്ഞു ഇതങ്ങനെയല്ല സർവേഷു ലോകേഷു കാമചാരോഭി ഇവിടെ അങ്ങനെ ലോക നിബന്ധനകളില്ല പൂർണ്ണ സ്വതന്ത്രനാകുന്നു കാമചാരിത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം ഇതിനകത്ത് ഒരാൾക്ക് പുറത്തു പോകണം അപ്പം അവിടെ പുറത്തൊരാളെ കൊണ്ട് അനുവാദമാകണം എന്നാലേ പുറത്തു പോകാൻ പറ്റും ഒരാൾക്ക് പുറത്ത് പോകണ അനുവാദം വേണ്ട അയാൾ കാമചാരിയായി ഇഷ്ടമുള്ളപ്പം പുറത്ത് പോകാൻ ഇഷ്ടമുള്ളപ്പം വരാം മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമുണ്ട് ഇതുവരെ പറഞ്ഞ ഉപാസനാ ഫലങ്ങളിലെല്ലാം ആ പൂർണമായ കാമചാരിച്ച അയാൾ ചെയ്യുന്നതിൻ്റെ ഫലം അത്രയേ ഉള്ളൂ അതാണ് പറഞ്ഞത് അത് ലോകത്തിലെത്താം ആ ലോകത്തെത്താം മനസ്സെത്താവുന്നിടത്തെത്താം സ്മൃതി എത്താവുന്നിടത്തെത്താം ഇവിടെ പറയുന്നു അങ്ങനെ നിരപേക്ഷമായ സ്വാതന്ത്ര്യം ഒരുവൻ വിജ്ഞാനത്തിലൂടെ ഒരു പ്രാണാദിഷു പൂർവഭൂമിഷു തത്ര അസേതി താവന്മാത്ര പരിച്ഛിന്ന കാമചാരത്വമുക്തം അന്യരാജ്യത്വം അർത്ഥപ്രാപ്തം സാധിച്ചു യഥാപ്രാപ്ത സ്വരാജ്യ കാമചാരത്വ അനുവാദേന തത്വ നിവൃത്തി അവൻ സ്വയം ചക്രവർത്തിയായിരിക്കുന്നു അവൻ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നു അവൻ നിരപേക്ഷനായിരിക്കുന്നു എന്നെ ഇവിടെ പറയുന്നെന്തുകൊണ്ട് പ്രാണാദിഷഭൂമം പൂർവ്വം മുമ്പ് പറഞ്ഞു പ്രാണൻ തുടങ്ങി പിന്നിനോട്ട് നാമം വരെ പറഞ്ഞു ഓരോ അവസ്ഥകൾ എന്തിന്റെ അവസ്ഥ മനസ്സിന്റെ അവസ്ഥകൾ ഉപാസകന്റെ അവസ്ഥകൾ ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് അവർ കേമന്മാരാണ് സ്വതന്ത്രരാണ് തൻ്റെ ആ ഭൂമിക്ക് അവിടെ അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അവരവിടുത്തെ ചക്രവർത്തിമാരാണ് ഇരിക്കുന്നിടത്ത് അവൻ അവിടുത്തെ വലിയ ഒരു വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ ഗ്രഹനായകൻ ആ വീട്ടിന്റെ വലിയ ആൾ നമ്മളും അങ്ങനെയാണ് ഓരോ സ്ഥലത്തിരിക്കുന്നു അടുക്കളയിലിരിക്കുന്നാൾ അവിടുത്തെ ചക്രവർ വേറെടുത്തിരിക്കുന്ന ആൾ അവിടുത്തെ തന്റെ അധീനത്തിൽ എന്തുണ്ടോ അവിടെ താൻ കേമനായിരിക്കുന്നു അതുപോലെ ഈ മനസ്സിന്റെ ഓരോ തലത്തിലെത്തുമ്പോൾ എത്തപ്പെടുമ്പോൾ ഉപാസന അല്ല അവിടെ സ്വാതന്ത്ര്യമുള്ളവനായിരിക്കുന്നു സർവ്വസ്വാതന്ത്ര്യക്ക് കിട്ടുന്നില്ല ിച്ചിരുന്ന കാമചാരത്വം അതാത് ലോകങ്ങളിലുള്ള കാമചാരും അവിടെയാണ് കേമനാണ് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അധീനമാണ് എന്നാണ് അവിടെയാണ് സ്വതന്ത്രനാണെന്ന് വിചാരിക്കുന്നു കരുതും അയാൾ സ്വതന്ത്രനാണ് അല്ല ഓരോ പോസ്റ്റിലിരിക്കുന്നവര് അവരവിടുത്തെ രാജാക്കന്മാരാണ് അതിന്റെ മേലധിരിയെ കാണുമ്പോൾ മുട്ട് കുറയ്ക്കും അതിൻ്റെ താഴെ കാണുമ്പോൾ അവരുടെ ചക്രവർത്തിയാണ് അവരുടെ ആജ്ഞാപിക്കും വേറെടുത്ത് ഭയക്കും ഇതുപോലെ പരിച്ഛിന്ന കാമാചാരത്വം അന്യ രാജ്യത്വം അർത്ഥപ്രാപ്തി സർവതന്ത്ര സ്വതന്ത്രമുണ്ടായാൽ ഓരോ ഒരു പരിമിതികൾക്ക് അധീനനാണ് എന്താ ആ ചുറ്റുപാടുകൾക്ക് അയാൾ അതീതനാണ് ആന്തരിക സ്വാതന്ത്ര്യങ്ങൾ ശരീരം ഉള്ളിടത്തോളം ബാഹ്യമായ സ്വാതന്ത്ര്യം ഉണ്ട് ആർക്ക് ഞാനിക്കായാലും ശരി ഇത് അതല്ല പറയുന്നു ആത്മീയ സ്വാതന്ത്ര്യം ആന്തരികമായ സ്വാതന്ത്ര്യം അത് കിട്ടുന്നില്ല സാധിച്ചേത്തു അതിലേറ്റക്കുറച്ചിലുണ്ട് ഓരോരുത്തരും എത്തിച്ചേരുന്ന സ്ഥലം ഓരോ സ്ഥലമാണ് ഓരോ പോസ്റ്റിൽ നിന്നും പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി ഉയർന്നു പോകുന്നു ഓരോരോ സ്ഥലത്തിരിക്കും അവൻ ഞെളിയും ഞാനാണ് ഇവിടുത്തെ സർവാധിപതി സാധിച്ച് ഏറ്റക്കുറച്ചിലുണ്ട് യഥാപ്രാപ്ത സ്വരാജ്യ കാമചാരത്വ അനുവാദ ഓരോ സ്ഥലത്തും കിട്ടുന്ന ആ കാമചാര്യത്വ സ്വാതന്ത്ര്യം അങ്ങനെ ഓരോന്നിനെയും മനസ്സിലാക്കിക്കൊണ്ട് തത്ത് എന്ത്പ്പെടുത്തി അതിൻ്റെ എല്ലാം എന്തുപെടുത്തി പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടി ഞെളിയുന്ന അല്ലേ ഇവിടെ പറയുന്ന കാര്യം ആന്തരിക സ്വാതന്ത്ര്യം പറയുന്നുരപേക്ഷതയെ കുറിച്ച് പറയുന്നു അയാൾ സ്വയം ചക്രവർത്തിയാണോ സ്വരാട്ട് സ്വയം പ്രകാശിക്കുന്നവനങ്ങോട്ട് മറ്റു പ്രകാശത്തിനൊന്നും അധീനനല്ല മറ്റൊരു യും നിരപേക്ഷം അത് ബാഹ്യമായ പ്രവൃത്തികളില ബാഹ്യമായ പ്രവൃത്തിയിൽ ആ അത് അങ്ങനെ ധരിക്കരുത് തനിക്ക് തോന്നുന്നതൊക്കെ പ്രവർത്തിക്കും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള ആ മനോഭാവമല്ല സാധാരണ മനുഷ്യന് വരുന്നത് അതൊക്കെ തൻ്റെ ഇടം ഒന്നോ അഹങ്കാരമൊന്നോ അതല്ല ഇവിടെ പറയുന്നത് ആന്തരികമായ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ് അതാ പറയുന്നു ഇത് ബാഹ്യമായതിനനുകരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇനിയിപ്പോൾ ചക്രവർത്തിമാരൊന്നുമില്ല ഞാനിന്ന് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ളത് ചെയ്യും ആരാ ചോദിക്കാൻ അങ്ങനെ പറഞ്ഞാൽ കാര്യം അറിവില്ലായ്മ വിവേകം ഇതല്ല സർ സുരാട്ട് ബാക്കിയുള്ള എല്ലാ പരിമിതികളെയും നിഷേധിച്ചിട്ട് അല്ല ആന്തരിക സ്വാതന്ത്ര്യത്തെ ശ്രുതി പ്രഖ്യാപനം ചെയ്യുന്നതാണ് സർ ഇതാണ് ഇതിന്റെ ഫലം ആത്മവിദ്യയുടെ ഫലം ആന്തരികമായ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കും നമ്മൾ പറയുന്നില്ലോ അത് ബുദ്ധിമുട്ടാണ് ഇത് ബുദ്ധിമുട്ടാണ് അവിടെ അതാണ് ഇതാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തട്ടിപ്പറയുകയാണെങ്കിൽ അവിടെയൊക്കെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ആന്തരികമായിട്ട് അത്തരം അസ്വാതന്ത്ര്യങ്ങളെ പരിഹരിക്കുന്നതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത് സ്വയം താൻ സൃഷ്ടിച്ച പോലെ പരിമിതികൾ തന്റെ കൽപ്പനകൾ ഭാവനകൾ ആ പരിമിതികളിൽ പറ്റി ഓരോ ജീവനിങ്ങനെ വീർപ്പുമുട്ടുകയാണ് അവർക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം എന്തെന്നുള്ള അറിയത്തില്ല ഭൗതികനും അറിയുന്നില്ല ആത്മീയനും അറിയുന്നില്ല അതറിയിക്കാനാണ് ശ്രുതി പറയുന്നത് ഇതാണ് ഇതിന്റെ ഫലം അത് ഈ ആത്മബോധം കൊണ്ടുണ്ടാവുക വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവുന്നു ഈ സാധനങ്ങളുടെ ഫലമായിട്ട് വിവേകം കൊണ്ട് മാത്രമേ അത് ഒരാൾക്ക് ആ സ്വാതന്ത്ര്യത്തെ ആന്തരികമായി അറിയാൻ കഴിയൂ അത പുനർ അന്യഥ അത മുക്തദർശന അന്യഥ വൈപരീത്യന യഥോക്തമേവാ സമയോ പറയുന്നു ഇതല്ലാതെ ബാക്കി എന്തെല്ലാം ചെയ്താൽ ഇവിടെ എത്രയോ സാധനങ്ങൾ നിർദ്ദേശിച്ചു നാമത്തിൽ തുടങ്ങി പ്രാണന്മാരെ എന്തെല്ലാം ഉപാസനങ്ങളെ കുറിച്ച് പറഞ്ഞു എന്തെല്ലാം ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇവിടെ തന്നെ നമ്മൾ എന്തെല്ലാം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു എവിടെ ജീവിച്ചാലും സമൂഹത്തെ ജീവിച്ചാലും ആശ്രമത്തെ ജീവിച്ചാലും ചെല്ലുന്ന എന്തെങ്കിലും നേടണം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും നേടിയവർക്ക് ഒന്നും ഈ സ്വാതന്ത്ര്യമില്ല ആന്തരികമായി സ്വയം അസ്വതന്ത്രനാകുന്നു സ്വയം അസ്വസ്ഥനാകുന്നു മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നു ഇത്രയുള്ളു അത് പറയുന്നു ഏ പുനർ അന്യഥാ അതോഗ ദർശനാഥ അതിന് ഭൗതികമായാലും ശരി ആധ്യാത്മികമായ ഉപാസനകളായാലും ശരി അന്യഥ വൈപരീത്യനെ യഥോക്തമേ വന്ന് സമ്യക് വി ഇത് ശരിക്കും മനസ്സിലാക്കാത്തവൻ ഈ പറയുന്ന ആത്മബോധം എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ എന്താണ് ആത്മീയതയെന്ന് മനസ്സിലാക്കാത്തവൻ അവനൊരിക്കലും സ്വസ്ഥതയില്ല മരണം വരെ സ്വസ്ഥത കാണത് എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കരഞ്ഞ മെളിച്ചുമൊക്കെ പോയിക്കൊണ്ടിരിക്കും വിബോധമുണ്ടാകാത്തിടത്തോളം കാലം സംയഗ്ന വിധുഹയെ അന്യരാജാന മുഖവന്തി അവനെന്നും അന്യാധീനനായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അധീന തോന്നുന്നുണ്ടെ ചുറ്റുപാടുകൾക്കെല്ലാം അധീനമായിരിക്കും ഈ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ എന്ന നാനാ വിഷയങ്ങളായിരിക്കും നന ഉപാധികളായി ഉപാധിക്ക് അധീനനായി ജീവിക്കും ആ സ്വാതന്ത്ര്യം അവന് അനുഭവിക്കാൻ കഴിയത്തില്ല ഇവിടെ പ്രത്യേക എടുത്ത് പറയുന്ന സാധകനായാലും ശരി ഇവിടെ പ്രാണ ഉപാസനം വരെയുള്ള വലിയ വലിയ സാധനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഗംഭീരമായ സാധനങ്ങൾ ചെയ്യുന്നവനായാലും ശരി അവന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല അതിനു നമ്മൾ പറയുന്നു സാധാരണ ഭാഷ നമ്മളൊരു മനസ്സിന് ടെൻഷനാണ് മനസ്സിന് സംഘർഷമാണ് ഡിപ്രഷനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഇതിൽ നിന്നെല്ലാം ഉള്ള മോചനത്തെ കുറിച്ചാണ് പറയുന്നത് പരോ രാജാ സ്വാമി വേറെ ആയിരിക്കും രാജാവ് ചുറ്റുപാടുകൾ ഉപാധികൾ അതിനെ ആശ്രയിച്ചിരിക്കും അവൻ്റെ സുഖവും ദുഃഖവും എല്ലാം യേശാമത്തെ അന്യ രാജാനഹത്തേ അവരെല്ലാം മറ്റ് രാജാക്കന്മാരുള്ളവരാണ് അങ്ങനെ ഒരു രാജാവും പാടില്ല ാഹ്യമായൊരു ഉപാധിയും തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാക്കി സ്വീകരിക്കാൻ പാടില്ല അതങ്ങനെ വിചാരിച്ച സാധ്യമല്ല അതിന് ഈ പറയുന്ന ഭൂമിവിദ്യയിലൂടെ സാധ്യമാകും ആത്മബോധത്തിലൂടെ ആത്മബോധത്തിന് വേണ്ടി മറ്റുപാധികളെ സ്വീകരിക്കും ആത്മബോധത്തിൽ മറ്റുപാധികൾക്ക് ഒന്നിനും തന്നെ അവിടെ പ്രസക്തിയില്ലാതെ വരും മറിച്ചാണെങ്കിലോ കിഞ്ചക്ഷയ ലോക ക്ഷയോ ലോകോ യേ ശാന്തി ക്ഷയോ ലോക മറിച്ചാണെങ്കിൽ അവർ നേടുന്നതെല്ലാം ക്ഷയിക്കുന്നതാണ് നമുക്കറിയാം ഈ ലോകത്തെ നമ്മൾ എന്തൊക്കെ നേടുന്നോ അതൊക്കെ ക്ഷയിച്ചുപോകും അതിൽ അല്പസുഖം കിട്ടുമെങ്കിൽ കുറച്ച് ഉയർന്ന പോസ്റ്റിലേക്ക് എന്നാൽ കുറച്ച് സുഖം കിട്ടും മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാൻ അവസരം കിട്ടിക്കഴിഞ്ഞാലൊക്കെ സുഖമാണ് പക്ഷേ ക്ഷയ ലോക അതെല്ലാം പോവും ഇതിനൊന്നും കഴിയാത്ത ഒരു കാലം വരും അപ്പോൾ ഇതെല്ലാം പോവും അപ്പൊ നാല് കാലം പൊക്കി കിടന്ന് വിലപിക്കാനേ പറ്റും ക്ഷയ ലോകോ യാന്തി ക്ഷയലോകാഹ എല്ലാം നശുപോകുന്നാണ് ലോകം ഫലം ി എന്തെങ്കിലും സാധന ചെയ്തുണ്ടാക്കുന്ന ഫലങ്ങളായാലും ശരി ഭൗതികമായ ഫലങ്ങളായാലും ശരി എന്തുകൊണ്ടോ ഭേദ ദർശനത്തി അല്പവിഷയത്വ അത്യന്തിമായും ഭേദ ദർശനമാണല്ലോ ആത്മീയ ഭേദ സർവ്വമെന്നുള്ള ആത്മബോധം ഉണ്ടോ ഭേദ ദർശനം കൊണ്ടാണല്ലോ ഓരോന്നുകൂടെ നേടണം എന്ന് ആഗ്രഹിക്കും അത് നേടണം ഇത് നേടണം അത്വം ചേത്ത മത്യം നിത്യാബോച്ചാ അതുകൊണ്ട് പറയുന്നു ഞാനിത് സനക്കുമാരൻ പറയാണ് ഇതൊക്കെ അല്പമാണ് നാരദിനോട് പറയാണ് നീ എന്തൊക്കെ നേടിയോ എന്തൊക്കെ വിജ്ഞാനങ്ങൾ നേടിയോ എന്തൊക്കെ മറ്റെന്തൊക്കെ ആത്മബോധം വഴിയെ വേറെ എന്തൊക്കെ നേടിയോ അതൊക്കെ ഇല്ലാതാകുന്ന മർത്ഥിയും ഏ ദ്വൈതദർശന ഹാ ഇതിനൊക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം ആ ദ്വൈതദർശനമാണ് ആ ദ്വൈതദർശനം അതിന് എന്ത് പേരിട്ടാലും ശരി ഭക്തിയെന്നോ ജ്ഞാനമെന്നോ യോഗമെന്നോ എന്ത് പേരിട്ടാണ് ശരി അത് ദ്വൈതാധിഷ്ഠിതമാണോ അവന്റെ ഫലം ഇത് തന്നെ ക്ഷയ്യ ലോകാ ഹ അവര് നേടുന്നതെല്ലാം ഒരിക്കൽ കൈവിടും സ്വദർശന അനുരൂപീണിവാന്തി എന്താണ് നേടുന്നതിനനുസരിച്ച് വലിയത് നേടുകയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും ചെറിയത് നേടുകയാണെങ്കിൽ ചെറിയ നഷ്ടം ഇത്രയേ ഉള്ളൂ അതാണ് സ്വദർശനാനുരൂപീണ തന്റെ നേട്ടത്തിനനുസരിച്ച് തന്റെ അനുഭവത്തിനനുസരിച്ച് അതയോ തേശാം സർവീഷ് ലോകീഷ് അമാചാരവും അതുകൊണ്ടവന് അവനവൻ നേടുന്നിടത്ത് അവന് ചക്രവർത്തിയായിരിക്കാം എന്നുള്ളതല്ലാതെ ആത്മബോധം കൊണ്ടുവരുന്ന സർവോപാധിവിനിർമുക്ത നിരപേക്ഷത അതവന് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ എന്താണ് ഇത് എന്തല്ല രണ്ടിനും വ്യക്തമാക്കാൻ വേണ്ടി അത് അറിയണമല്ലോ ഏതെങ്കിലും മലയിൽ കയറിയിട്ട് അത് ഹിമാലയമാണെന്ന് ഭ്രമിച്ചു പോയോ എല്ലാവരും ഒരിക്കലും ഹിമാലയത്തിൽ കയറാൻ അവസരം കിട്ടാതെ അവിടെത്തന്നെ കഴിതാണ് ഹിമാലയം എന്ന് പറയുന്നത് കാരണം ഹിമാലയം പോലെ പല മലകളും ഉണ്ട് അപ്പോൾ ഏതാണ് ഹിമാലയം അല്ലാത്തത് ഏതാണ് ഹിമാലയം രണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റുപാസനകളുടെ ദ്വൈത ദർശനം കൊണ്ട് എന്തൊക്കെ നമ്മൾ നേടുന്നു അതൊക്കെ നശിക്കുന്നതാണ് ഭൂമവിദ്യ മാത്രമേ അവന് നിർവാഹികമായ സ്വാതന്ത്ര്യത്തെ കൊടുക്കുന്നുള്ളൂ